चक्षुरुन्मीलितं मेना മേന തസ്മൈ ശ്രീഗുരവേ നമ नमो ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങൾ രണ്ട് മുതൽ എട്ട് വരെ ദേവഹൂതിയുടെ श्लोकमूति अदाप्यजोंदयानम वपोस्ते स्वयं ൂതേന്ദ്രിത്മമയ देवहूति സദശേഷ ബ്രഹ്മാവ ജനിച്ചിട്ടില്ലാത്തവനാണെന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ അങ് ലോകത്തിന്റെ അടിത്തട്ടിലെ സമുദ്രത്തിൽ ശയിക്കുമ്പോൾ അങ്ങയുടെ നാഭിയിൽ നിന്ന് വളർന്ന താമരപ്പൂവിൽ നിന്നാണ് അദ്ദേഹം ജാതനായത് പക്ഷേ ബ്രഹ്മാവ് അങ്ങയെ ധ്യാനിക്കുമ്പോൾ ആരുടെ ശരീരമാണ് അപരിമേയമായ ഈ വിശ്വപ്രപഞ്ചത്തിന്റെ ശ്രോതസ് ശ്ലോകം മൂന്ന് സവാൻ വിദത്തെ ഗുണപ്രവാഹേ വിഭക്തവീര്യ ए प्रिय भगवाने अतिपरूम പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങളിൽ അങ്ങ് അങ്ങയുടെ ശക്തി നിക്ഷേപിച്ചു അതുമൂലം ഭൗതികലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ സ്ഥാനം പിടിച്ചു എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് സ്വയം നിശ്ചയദാർഢ്യനും എല്ലാ ജീവസത്തകളുടെയും പരമ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമാകുന്നു അവർക്കു വേണ്ടി അവിടുന്ന് ഈ ഭൗതിക പ്രപഞ്ചം ആവിഷ്കരിച്ചു അതുപോലെ അവിടുന്ന് ഏകമാണെങ്കിലും അവിടുത്തെ വിഭിന്ന ശക്തികൾക്ക് വൈവിധ്യപൂർണമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നു ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതല്ല ശ്ലോകം നാല് സൃതോണു വിശ്വം യുഗാദേവട ശിശുര വിവർത്തനം അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനായി എന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചു അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഉദരത്തിലുള്ള പരമോന്നതനായ അങ്ങക്ക് എങ്ങനെ അതിന് സാധിച്ചു സാധിക്കുമെന്നാണ് ഉത്തരം കാരണം യുഗാന്ത്യത്തിൽ ഒരാലിലയിൽ ചെറിയൊരു ശിശുവായി സ്വന്തം പങ്കജപാദത്തിൻ്റെ വിരൽ നുണഞ്ഞുകൊണ്ട് ശയിക്കുന്നവനാണങ് ശ്ലോകം അഞ്ച് ത്വ തന്ത്ര പ്രശമാനം നിദേശഭാജ വിഭോ വിഭൂതയേ യവ സൂകരാദയ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അവിടുന്ന് ഈ ശരീരം സ്വീകരിച്ചത് പതീതാത്മാക്കളുടെ പാപപ്രവൃത്തികൾ ഉന്മൂലനം ചെയ്യുവാനും ഭക്തിയിലും മോചനത്തിലുമുള്ള അവരുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാനുമാണ് പാപികളായ ആളുകൾ അങ്ങയുടെ സംവിധാനത്തിൻ്റെ ആശ്രിതരാകയാൽ അവർക്ക് വേണ്ടി അങ്ങ് അങ്ങയുടെ സ്വന്തം ഇച്ഛയാൽ വരാഹരൂപത്തിലും ഇതരൂപങ്ങളിലും അവതരിച്ചു അങ്ങയുടെ ഭക്തന്മാർക്ക് അതീന്ദ്രിയാനന്ദം നൽകുവാനാണ് അങ് പ്രത്യക്ഷപ്പെട്ടത് ശ്ലോകം ആറ് യേയശ്രവണു കീർത്താദിക്വചിത് സ്വാദോഭി സദ്യസവനൽപത്തെ കുത േ ഭഗവു പരമോന്നത വ്യക്തിയെ മുഖത്തോട് മുഖം ദർശിക്കുന്ന വ്യക്തികളുടെ ആത്മീയ ഔന്നത്യത്തെപ്പറ്റി ഒന്നും തന്നെ പറയുവാനില്ല ംസം ഭക്ഷിക്കുന്നവരുടെ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ പോലും അവൻ ഒരിക്കൽ പരമ പുരുഷനായ ഭഗവാന്റെ ദിവ്യ നാമം അദ്ദേഹത്തെ പറ്റി കീർത്തിക്കുകയോ അദ്ദേഹത്തിൻ്റെ ലീലകൾ ശ്രവിക്കുകയോ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയോ അദ്ദേഹത്തെ സ്മരിക്കുകയെങ്കിലുമോ ചെയ്യുന്ന പക്ഷം വളരെ പെട്ടെന്ന് വൈദിക യജ്ഞങ്ങൾ അനുഷ്ഠിക്കുവാൻ യോഗ്യനായിത്തീരും ശ്ലോകം ഏഴ് ു സ്നുർ ഓ ആരുടെ നാവുകളാണോ അങ്ങയുടെ ദിവ്യനാമം ജപിക്കുന്നത് അവർ എത്ര മഹത്വമുള്ളവരാണ് ഭക്ഷിക്കുന്നവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരായാൽ പോലും അവർ അങ്ങയുടെ ഭഗവത് പദത്തിന്റെ ദിവ്യ കീർത്തിക്കുന്ന വ്യക്തികൾ എല്ലാവിധ തപസുകളും അഗ്നിയാഗങ്ങളും അനുഷ്ഠിച്ചവരും ആര്യന്മാരുടെ സത് സ്വഭാവങ്ങൾ ആർജിച്ചവരുമാണ് അങ്ങയുടെ ഭഗവത് പദത്തിന്റെ ദിവ്യനാമങ്ങൾ കീർത്തിക്കുന്നവരായി തീരുവാൻ അവർ തീർത്ഥകേന്ദ്രങ്ങളിലെ പുണ്യനദികളിൽ സ്നാനം ചെയ്യുകയും വേദങ്ങൾ അഭ്യസിക്കുകയും വേണ്ടതെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു ട്ട തം ഹം ബ്രഹ്മ പരം പുസം പ്രത്യസ്രോതം വിഭാവ്യം സ്വേജസുണ പ്രവാഹം വന്ദേ വിഷ്ണു കപീലം വേദഗർഭം ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഭഗവാനെ കപിലൻ എന്ന നാമത്തിൽ അങ്ങ് വിഷ്ണു തന്നെയാകുന്നു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും പരബ്രഹ്മവും അങ്ങയുടെ കാരുണ്യത്താൽ മാത്രമേ ഭൗതിക പ്രകൃതിയുടെ കുരുക്കുകളിൽ നിന്ന് മോചിതരാകാൻ കഴിയ എന്ന എന്നതിനാൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തരായ മുനിമാരും സന്യാസിമാരും അങ്ങയെ ധ്യാനിക്കുന്നു സംഹാരത്തിന്റെ കാലത്ത് സകല വേദങ്ങളും അങ്ങയിൽ മാത്രം നിലനിൽക്കുന്നു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 ം തത്സത്